ാണ് ഇതുവരെ പറഞ്ഞു സമർത്ഥിച്ചത് കൃതജ്ഞനാനം പൃഥജ്ജനാനാ ഏവം പോകുന്നു ഏവം ഈ പറഞ്ഞത് പൃഥജ്ഞനങ്ങൾക്ക് പാമരന്മാർ അജ്ഞന്മാര് അറിവില്ലാത്തവർക്ക് ഏവം പോങ്ങനായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അവിദ്യയുള്ളവനെയാണ് പ്രത്യക്ഷാദി പ്രമാണങ്ങൾ ആസ്വദിച്ചിരിക്കുന്ന പറയുന്നത് വിദ്വാൻമാരെ സംബന്ധിച്ചല്ല അവിദ്വാന്മാരെ സംബന്ധിച്ചാണ് കുറവ് ജീവന്മാരുടെ രണ്ടു കൂട്ടരുണ്ട് വിദ്യയുള്ളവരും വിദ്യയില്ലാത്തവരും വിദ്യ വിദ്യയില്ലാത്തവരാണ് പാമരന്മാർ പൃഥജ്ഞനങ്ങൾ അവർക്ക് അവിദ്യയുണ്ട് അവരെ ആശ്രയിച്ചാണ് പ്രത്യക്ഷാദി പ്രമാണങ്ങളെല്ലാം നിൽക്കുന്നത് മറ്റൊരു കൂട്ടരുണ്ട് വിദ്യ ഉള്ളവർ അവർക്ക് ആ വിദ്യയില്ല അവരെ ആശ്രയിച്ച് പ്രത്യക്ഷാദി പ്രമാണങ്ങളൊന്നും നിലനിൽക്കുന്നില്ല ഇതാണ് ഗുരുപക്ഷികളെ മനുഷ്യർ രണ്ടായി തിരിച്ചിട്ട് വിദ്വാന്മാർക്ക് ഈ പറഞ്ഞത് ശരിയാണ് വിദ്വാൻമാർക്ക് ഇങ്ങനെയല്ല എന്നാണ് അതാണ് വ്യത്പസപ്രമേയ ദൃശ്യത്തെ കഥം അവിദ്യശ്വാദി ശുവാധിഷ്ഠ വിശേഷ ഇതിന സൂത്രവാക്യൊന്നും പക്ഷെ ഇനി ഇതിനങ്ങോട്ട് വിശദീകരിക്കാൻ പോവധിപിഷ്ടവിശേഷ പശുവാദികൾക്ക് തുല്യം പശു മൃഗങ്ങൾ പശുവാദി എന്ന് വെച്ചാൽ മൃഗപക്ഷ്യാദികൾക്ക് തുല്യമാണ് എന്ത് എന്താണ് മൃഗപക്ഷദികൾക്ക് തുല്യം എന്ന് പറഞ്ഞാദം പറയണം എന്താണ് പക്ഷിമൃഗാദികൾക്ക് തുല്യം എന്ന് പറയുന്നത് ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളുമായിരസനഘ്രാണാദികൾ പഞ്ചേന്ദ്രിയങ്ങളും പഞ്ച വിഷയങ്ങളും തമ്മിൽ സംബന്ധേ സതി സംബന്ധം ഉണ്ടാവുമ്പോ എന്നുവെച്ചാ കണ്ണുകൊണ്ട് കാണുമ്പോ ചെവി കൊണ്ട് കേൾക്കുമ്പോ മൂക്കൊണ്ട് മുണക്കുമ്പോ തൂക്കുകൊണ്ട് സ്പർശിക്കുമ്പോ നാക്കോണ്ട് രസിക്കുമ്പോൾ എന്നർത്ഥം ഇത് സംഭവിക്കുമ്പോ ശബ്ദാദിവിജ്ഞാനെ പ്രതികൂലാതെ പക്ഷിമൃഗാദികളൊക്കെ എന്ത് ചെയ്യുന്നു ശബ്ദാദി വിജ്ഞാനം അവർ കേൾക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതും എല്ലാം പ്രതികൂലമാണ് എതിരാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അത് പ്രതികൂലമായി കഴിഞ്ഞാൽ തനിക്കത് വിരുദ്ധമാണ് അപകടമാണെന്ന് ഈ പക്ഷ മൃഗാദികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തത്വനിവർത്തന്തെ അവിടെ നിന്ന് പിൻവലിയുന്നു എവിടെയാണോ ശബ്ദസ്പൃശരൂപരസംഗങ്ങളെല്ലാം തനിക്ക് പ്രതികൂലമാണെന്ന് ഇവ മനസ്സിലാക്കുന്നവടെ അവ അവിടെ നിന്നെല്ലാം പിന്തിരിയുന്നു അനുകൂലേജ പ്രവൃത്തേ ഇനി അതൊക്കെ അനുകൂലമാണെന്ന് തോന്നിയാതെയും അങ്ങോട്ട് ചെല്ലും പ്രവർത്തിക്കും ഇത് പക്ഷിമൃഗാദികൾക്കെല്ലാം പൊതുവെയുള്ള ഒരു സ്വഭാവമാണ് യഥാ അത് വിശദീകരിക്കുന്നു എങ്ങനെയാണ് ദണ്ഡ ഉദ്യതകരം പുരുഷം അഭിമുഖം ഉപലഭ്യ പറഞ്ഞ കാര്യം അനുകൂലവും പ്രതികൂലവും ഭക്ഷ്യംപ്രാദികൾ എങ്ങനെ മനസ്സിലാകുന്നു മനസ്സിലാകുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കുന്നു അക്കാര്യം പറയുന്നു യഥാ ദണ്ഡകരം കയ്യോടുകൂടി ഒരു കയ്യില് വടി ഉയർത്തിപ്പിടിച്ച് ഒരു മനുഷ്യൻ അങ്ങനെയുള്ള പുരുഷൻ പുരുഷനെ അഭിമുഖ കുലഭ്യ നേരെ എതിരെ കണ്ടിട്ട് ഒരു പശു എന്ന് വെച്ചാ പശു നോക്കുമ്പോ എതിരെ ഒരാളൊരു വടി ഉയർത്തി പിടിച്ച് നിക്കുകയാണ് മാഹന്തം അയം ഇച്ഛതി ഇവനെന്നെ അടിക്കാൻ നിൽക്കുകയാണ് അടിക്കാൻ ആഗ്രഹിക്കുന്നു തല്ലാ നിൽക്കുകയാണ് കൊല്ലാണോ അതാണ് മാം എന്നെ ഹും കൊല്ലുന്നതിന് അടിക്കുക പിടിക്കരുത് അയം ഇച്ഛൻ ആഗ്രഹിക്കുന്നു എന്നാ മനസിലാക്കിയിട്ട് ആര് മനസ്സിലാക്കുന്നു ആ മൃഗം അത് മനസ്സിലാക്കി പലായുധം ആരഭാൻ തുടങ്ങുന്നു ഇതാണ് പ്രതികൂലം കണ്ടു കഴിഞ്ഞാൽ പിൻവലിയുന്നു പറയുന്നതാണ് പടിയും പിടിച്ചുകൊണ്ട് ഒരാൾ മുമ്പേ നിൽക്കുന്നുണ്ട് അവൻ ഓട് പശു ആണെങ്കിലും കാളായാലും ഹരിത തീർണ പൂർണ പാണി ഉപലഭ്യ പക്ഷെ വേറെ ആളെന്താണ് ഹരിത പച്ച തൃണ പൂർണ്ണ കൈ നിറയെ പച്ചപ്പുല്ലും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു കണ്ടു കഴിഞ്ഞാൽ അതാണ് ഹരിതൃണം പൂർണമായ പാണിയോടുകൂടിയ മനുഷ്യൻ അതാണ് ഹരിതൃണ പൂർണ പാണിയും പച്ചപ്പുല് നിറഞ്ഞ കൈ ഉള്ള ഒരു മനുഷ്യനെ കാണുമ്പോൾ തമ്പ്രതി ആ മനുഷ്യനോട് അഭിമുഖീകന്തി അടുത്തു വടിയും കൊണ്ടിരിക്കുന്നവനെ കണ്ട ഓടിപ്പവും പുല്ലും പിടിച്ചുകൊണ്ടിരിക്കുന്നവനെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത ചെല്ലും വളർത്തുമൃഗങ്ങളൊക്കെ അങ്ങനെയാണ് വളർത്തുമൃഗത്തിന്റെ കാര്യം പറയണം ക്രൂരദൃഷ്ടീൻ ആക്രോശതരാൻ ും എങ്ങനെയാണ് മനുഷ്യർത്താഹ പുരുഷിത്തന്മാർ ആത്മബോധമുള്ള മനസ്സോടുകൂടിയ മനുഷ്യര് അവരും എന്ത് ചെയ്യുന്നു ഉത്പന്നചിത്തന്മാരെ വെച്ചാൽ ബോധമുള്ള മനസ്സോടുകൂടിയവർ ബോധം എന്ന് വെച്ചാൽ ഇവിടെ ആത്മബോധത്തെ കുറിച്ച് പറയണം ആത്മബോധമുള്ള മനസ്സോടുകൂടിയവര് ക്രൂരദൃഷ്ടീൻ ക്രൂരദൃഷ്ടിയോടുകൂടി ആക്രോശത അട്ടഹസിച്ചുകൊണ്ട് ഖഡ്ഗുദ്ധ്യതകരാണ് വാള് ഉയർത്തിപ്പിടിച്ച് ബലവധ ബലമുള്ള ഒരുവനെ ഉപലഭ്യ കണ്ടിട്ട് അപ്പൊ ഒരു മനുഷ്യനെ ഇങ്ങനെ കാണുകയാണ് അവന്റെ ദൃഷ്ടി വളരെ ക്രൂരമാണ് അവൻ അട്ടകസിക്കുന്നു എങ്ങനെ പൊല്ലുമുടാ നിന്ന് തട്ടുമുടാ എന്നൊക്കെ പറയുന്നു ഖട്ഗുദ്ധീതരാണ് അവരുടെ കൈയ്യിൽ വാള് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ബലവധ അവന് തന്നെ കാണും വളരെ ബലവുമുണ്ട് ഇതെല്ലാം ഉപലഭ്യ കണ്ടിട്ട് തതോ നിവർത്തന്ത അവിടെ ഓടിപ്പോ ആര് ആത്മബോധമുള്ളവർ ആത്മബോധമുള്ളവർ ഇത് കണ്ടിട്ട് ഓടിപ്പോകുന്നു തദ്വിപരീതീ എന്ന് വിചാരിച്ചു ശാന്തമാണ് കയ്യിലൊരു പൂമാലയും പിന്നെ എന്താണ് ഒരു കുടം പിടിപ്പിക്കണ്ട എന്താണ് എന്റെ പേര് പൂർണ്ണ കുംഭം പൂർണ്ണകുംഭം പൂർണ്ണ കുംഭമായിട്ടാണ് നിക്കണെങ്കിലോ തദ്വിപരീതൊക്കെ അങ്ങോട്ട് ഇല്ലെന്ന് കഴുത്തിങ്ങനെ കാണിച്ചു കൊടുക്കുന്നു ാന്തരീർത്തേ പറയുന്ന ആത്മബോധമുള്ള മനുഷ്യരുടെ കാര്യം പറയു ആരെങ്കിലും തന്നെ സ്വീകരിക്കാൻ മാലയുമായിട്ട് നിന്ന് അങ്ങോട്ട് നിന്നിട്ട് എന്തെയും തലവെച്ചുകൊടു ആരെങ്കിലും വാളമായിട്ടിരിക്കണെങ്കി എന്തേലും തലയും കൊണ്ട് തലയെ രക്ഷപ്പെടുത്താൻ നോക്കുക അപ്പൊ ആത്മബോധമുള്ള ഒരു ഇതി തന്നെ ചെയ്യുന്നത് അധഹ അതുകൊണ്ട് എന്താണ് സമാന പശുവാദിപുരുഷാണ പ്രമേയ വ്യവഹാരം മനസ്സിലാക്കണം അധഹ പശുവാദിപി സമാന മൃഗ മൃഗ പക്ഷിമൃഗാദികൾക്ക് തുല്യമാണ് പുരുഷാണാം പ്രമാണ പ്രമേയ മനുഷ്യരുടെ പ്രമാണ പ്രമേയ വ്യവഹാരങ്ങൾ പ്രമാണ പ്രമേയ വ്യവഹാരം എന്ന് വിഷയങ്ങളെ ഗ്രഹിക്കുക അത് പ്രമേയം അത് അനുകൂലമാണെന്ന് പറഞ്ഞാൽ അതിനോട് അതിനെ സ്വീകരിക്കുക പ്രതികൂലമാണെന്ന് പറഞ്ഞാൽ തള്ളിക്കളയുക ഓളിപ്പോവുക ഇതാണ് പ്രമാണം പ്രമേയ പ്രമാണങ്ങളിലൂടെ പ്രമേയത്തെ ഗ്രഹിച്ചിട്ട് ചെയ്യുന്ന പ്രവർത്തികൾ അത് സംസാരമാകാം ചിന്തയാകാം പ്രവൃത്തിയാകാം ഏതായാലും ശരി നേരത്തെ പറഞ്ഞ അഭിജ്ഞാഭിബന്ധനം ഉപാധാനം അർത്ഥക്രിയ ഏത് പ്രവൃത്തി ആയാലും ശരി ഈ പ്രവൃത്തികളെല്ലാം എന്താണ് പറയുന്നത് മൃഗങ്ങൾക്ക് തുല്യമാണ് മൃഗങ്ങൾക്ക് മനുഷ്യരുടെ എല്ലാം പ്രമാണ പ്രമേയ വ്യവഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെയെല്ലാം എല്ലാ മനുഷ്യരുടെയും പ്രമാണ പ്രമേയ വ്യവസ്ഥ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിച്ചിട്ട് മനുഷ്യൻ പ്രവർത്തിക്കുന്ന മാത്രം അനുമാനവുമാന ശബ്ദം തുടങ്ങിയ പ്രമാണങ്ങളിലൂടെ കാര്യങ്ങളെ ഗ്രഹിച്ചിട്ട് പ്രവർത്തിക്കുന്നിടത്തും എന്താണ് മൃഗങ്ങളെ പോലെ തന്നെ പ്രവർത്തിക്കുന്നത് മനുഷ്യരെല്ലാവരും തസ്സാമാന്യ ദർശന ഇത് പൊതുവായി കാണുന്നുണ്ട് ഇവിടെ മനുഷ്യരിലും മൃഗങ്ങളിലും എല്ലാം പൊതുവായി ഇത് കാണുന്നുണ്ട് അനുകൂലം കൊണ്ടാ അങ്ങോട്ട് പോവും പ്രതികൂലം കൊണ്ടാ ഓടിപ്പോവും കാണുന്നതുകൊണ്ട് വിത്പത്തി മതാമഭി പുരുഷാണ് വിത്പത്തിനു വെച്ചാൽ ആത്മബോധമുള്ള പുരുഷന്മാർക്കും മനുഷ്യർക്കും നടത്തി അപ്പൊ പ്രത്യക്ഷാദി വ്യവഹാര പ്രത്യക്ഷാതി ഉപകാരം പ്രത്യക്ഷ അനുമാനവുമാനം തുടങ്ങി പ്രമാണങ്ങളിലൂടെ ശരിയായ അറിവുണ്ടായിട്ടുള്ള പ്രവൃത്തി ആണ് പ്രത്യക്ഷാധിപകാരം പറയുന്നത് എന്തെങ്കിലും ഭ്രാന്തി പ്രവർത്തിക്കുന്ന ഒരുത്ത മാലയും കൊണ്ട് കഴുത്തിയിടാൻ അനുഭവം ബോംബും കൊണ്ട് ഓടുന്ന കാര്യമുണ്ട് ഇതെന്താണ് പ്രത്യക്ഷാദി ഉപകാരം പ്രമാണങ്ങളിലൂടെ പ്രമേയം ഉണ്ടായിട്ടുള്ള പ്രവൃത്തി പ്രവർത്തിക്കാ എന്താണ് തത്കാലം വ്യവഹാരം അവിദ്യയുള്ള കാലത്തിൽ സമാനം തുല്യമാണ് ഇവിടെ പറയുന്ന എന്താണ് നേരത്തെ പറഞ്ഞു അവിദ്യാവത് വിഷയാണ് അവിദ്യ ഉള്ളവനാണ് പ്രമാണങ്ങൾ അനുസരിച്ച് ഉപകരിക്കുന്നതെന്ന് പറഞ്ഞു പറഞ്ഞു അതങ്ങനെ പറയാൻ പറ്റും മനുഷ്യർ രണ്ടു തരത്തിലുണ്ട് വിദ്യയുള്ളവരും അവധ്യ ഉള്ളവരും അപ്പോ വിദ്യയുള്ളവൻ അങ്ങനെയല്ല അവിദ്യയുള്ളവനെ സംബന്ധിച്ച് ശരിയാണെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ പറയുന്നു അങ്ങനെയല്ല വിദ്യ ഉള്ളവനും ആത്മബോധം വ്യവഹാരത്തിൽ വരുമ്പോ പക്ഷിമൃഗാദികളെ പോലെയാണ് എന്തു വിവരിക്കുന്നത് അനുകൂല പ്രതികൂലങ്ങളിൽ വിവരിക്കുന്നത് അനുകൂലമെന്ന് തോന്നുന്നെടുത്ത് അടുക്കുന്നതും പ്രതികൂലമെന്ന് തോന്നുന്നെടുത്ത് പിന്തിരിയുന്നതും എന്താണ് പക്ഷിമൃഗാദികളത്തെ പോലെ തന്നെയാണ് എന്നർത്ഥം അതിന് എന്ത് മനസ്സിലാക്കാം ആ ഭിത്തിയുള്ളവൻ എന്നും വ്യവഹരിക്കുന്നുണ്ടെങ്കിൽ അവിടെ അധ്യാസം ഉണ്ടെന്നർത്ഥം അതാണ് ഈ പറയുന്നത് അധ്യാസം കൊണ്ടാണ് വ്യവഹാരം നടക്കുന്നത് എപ്പോൾ വ്യവഹാരം നടക്കുന്നോ അവിടെ അധ്യാസമുണ്ട് ദേഹാദികൾ താതാത്മ്യമുണ്ട് അതാണ് പറയുന്നത് ഇത് വളരെ വിവാദമുള്ള ഒരു കാര്യമാണ് മദ്യപേദത്തിൽ ഇത് പലരും പലതരത്തിലാണ് വ്യാഖ്യാനിക്കും കാരണം തത്വജ്ഞാനിയും അജ്ഞനും തമ്മിൽ വ്യവഹാരത്തിൽ ഒരു വ്യത്യാസം ഉണ്ടെന്നായി പറഞ്ഞു വരുന്നു അനുകൂലത്തോട് അനുകൂലമാണെന്ന് തോന്നുന്നതിനടുക്കും പ്രതികൂലം എന്ന് കൊണ്ടു കഴിഞ്ഞാൽ വിദ്വാൻ ജ്ഞാനിയും അജ്ഞാനിയും തമ്മില് യാതൊരു വ്യത്യാസമുണ്ട് ഈ കാര്യത്തിൽ എന്നാ പറയും ഇതിന് പലർക്കും പല അഭിപ്രായമാണ് അഭിപ്രായ വ്യത്യാസം വരുന്നത് എങ്ങനെയാണ് ഏറ്റവും പ്രധാനമായ ഒരു വ്യത്യാസം വരുന്നത് ഒന്ന് ഒന്ന് പറയുന്നത് ഈ പറയുന്നത് ഇവിടെ വിത്പത്തിമതാം എന്ന് പറയുന്നിടത്ത് ജ്ഞാനി എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ ഞാന് രണ്ടു തരത്തിലുണ്ട് ഒന്ന് പരോക്ഷ ഞാനോ അപരോക്ഷനോ അപ്പൊ ഇവിടെ ഈ പറയുന്നത് പരോക്ഷ ജ്ഞാനികളെ സംബന്ധിച്ചാണ് അപ്പോ ദേഹാത്മബുദ്ധി എന്ന് പറയുന്നത് പരോക്ഷജ്ഞാനം കൊണ്ട് ഇല്ലാതാകത്തില്ല അവരോക്ഷാനം കൊണ്ടേ ഇല്ലാതാകത്തുള്ളൂ കാരണം ദേഹാത്മബുദ്ധി അപരോക്ഷമാണ് പ്രത്യക്ഷമാണ് പ്രത്യക്ഷമായ ദേഹാത്മബുദ്ധിയെ പ്രത്യക്ഷമായ ജ്ഞാനം കൊണ്ട് ആത്മബോധം കൊണ്ട് നശിപ്പിക്കാൻ പറ്റും അപ്പൊ ആ പ്രത്യക്ഷമായ ബോധത്തേണെന്ന് പറയുന്ന അപരോക്ഷ ജ്ഞാനം എന്ന് പറയും പറയുന്നത് പ്രത്യക്ഷമാണെന്ന് വെച്ചാൽ അപരോക്ഷം ആ ദേഹാത്മബുദ്ധിയെ ഇല്ലാതാക്കണമെങ്കി എന്തു വേണം പ്രത്യക്ഷമായ ജ്ഞാനം തന്നെ വേണം അങ്ങനെ പ്രത്യക്ഷമായ അപരോക്ഷമായ ജ്ഞാനം കൊണ്ട് ദേഹാത്മ ബുദ്ധി നശിച്ചവർക്ക് വ്യവഹാരമില്ല അവരെ ഇത് പറയുന്നത് പിന്നെ ഈ പറയുന്ന മൃഗങ്ങളെ പോലെ പ്രവർത്തിക്കുന്നു പറയുന്നത് പരോക്ഷമായ ജ്ഞാനം ഉണ്ടായ ഉണ്ടായവരോക്ഷ ജാനം എന്ന് ശ്രുതിയിൽ നിന്നും തുടങ്ങിയ മറ്റ് പ്രമാണങ്ങളിൽ നിന്ന് അതായത് ഉപത്തി വ്യക്തിയിലൂടെയും മറ്റും ആത്മാവിനെ കുറിച്ച് ബോധിച്ച ആൾക്കാർ അവർക്ക് പരോക്ഷമായ ഞാനേ ഉള്ളൂ എന്നുവെച്ചാൽ പരോക്ഷം ഞാനെന്തെച്ചാൽ ആത്മാവ് ഉണ്ടെന്നറിയാം സത്യമാണെന്നറിയാം പ്രപഞ്ചം വ്യക്തിയാണെന്നറിയാം എല്ലാം അവർ വേദത്തിൽ നിന്നും മനനത്തിൽ നിന്നും നോക്കാൻ മനസ്സിലാക്കി പക്ഷെ അവർക്ക് അപരോക്ഷം ഞാനൊന്നുവെച്ചാൽ സാക്ഷാത്കാരമില്ല സാക്ഷാത്കാരമില്ലാത്തവരെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത് അവർക്കറിയാം പക്ഷെ സാക്ഷാത്കാരമില്ല സാക്ഷാത്കാരമുള്ളവരാണെങ്കിൽ അവർ ഇങ്ങനെ പ്രവർത്തിക്കത്തില്ല അനുകൂലത്തിലടുത്തു പോകുക പ്രതികൂലത്തെ പിന്തിരിയുക അതില്ല ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട് അപ്പൊ അവിടെ സാക്ഷാത്കാരവും സാക്ഷാത്കാര അല്ലാത്ത ഞാനുമുണ്ട് രണ്ടു വിധരും ഞാനുണ്ട് സാക്ഷാത്കാരമുള്ളവരാണ് അപരോക്ഷ ജ്ഞാനികളെന്ന് പറയുന്നു അവർക്ക് എന്തെയ്യുന്നു അധ്യാസം നശിച്ചിരിക്കും അധ്യാസം നശിച്ചുകൊണ്ട് അവർക്ക് വ്യവഹാരമില്ല എന്നത് വ്യാഖ്യാനിക്കുന്നവർ പറയുന്നതാണ് ഭാഷകാരാങ്ങും പറയുന്നില്ല ക്ഷികം കൈകാര്യം ചെയ്യുന്നില്ല പക്ഷികം പറയുന്നത് എന്താണ് ഉപ്പന്ന ചിത്തന്മാരെ വെച്ചാൽ ആത്മബോധമുള്ളവർ ആത്മബോധമുള്ളവര് പക്ഷി നിർഗാഹികളെ പോലെ തന്നെയാണ് അവിടെ ജ്ഞാനം ഈ പറയുന്ന പരോക്ഷ ജ്ഞാനത്തെ കുറിച്ചാണോ പറയുന്നത് അപരോക്ഷ ജ്ഞാനത്തെ കുറിച്ചാണോ പറയുന്നത് അങ്ങനെയൊരു വിഷയം ചർച്ച ചെയ്യുന്നു ും ആരായാലും വ്യവഹാരത്തിൽ പക്ഷി വികാരികളെപ്പോലെ തന്നെയാണ് എന്ന് പറയുന്നവര് പക്ഷമുണ്ട് അവിടെ പരോക്ഷം അപരോക്ഷനോ ധരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത് എല്ലാ തത്വജ്ഞാനികൾക്കും ഇത് ബാധകമാണ് എന്ന് പറയുന്നവരുണ്ട് ഇതില് പന്തുവീനികളിൽ പല അഭിപ്രായങ്ങളും അതുകൊണ്ട് ഏറ്റവും വിവാദമുള്ള ഒരു ഭാഗമാണ് പശ്വാതി എങ്ങനെ വേണോ വ്യാഖ്യാനിക്കാം ഭാഷികാരൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല പരപക്ഷം ഞാനോ അന്തരോക്ഷം ഞാനോ സാക്ഷാത്കാരം ഇതൊന്നും കൂടെ പറയുന്നില്ല പറയുന്നു വ്യാഖ്യാതാക്കളാണ് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ വരുന്ന ദോഷം പ്രേം കാരണം ഇപ്പൊ തത്ത്വജ്ഞാനി അവരുടെ പെരുമാറ്റത്തിൽ പക്ഷിമൃഗാദികളെ പോലെ എന്ന് പറഞ്ഞാൽ പിന്നെ തത്വം കൊണ്ടെന്താ പ്രയോജനം അനുകൂലങ്ങളുടെ അടുത്തെല്ലാം പോവും പ്രതികൂലങ്ങളടുത്ത് പിന്തിരിയെന്ന് തത്വജ്ഞാനം കൊണ്ടെന്താ പ്രയോജനം തത്വ്ഞാൻ കൊണ്ട് വിശേഷി പ്രയോജനമൊന്നുമില്ല അവര് സാധാരണ അച്ഛന്മാരെ പോലെ തന്നെ അവരുടെ അത്യാസമുണ്ട് അവർ തന്നെ വ്യവഹാരമുണ്ട് സാധാരണ മനുഷ്യനും തത്വജ്ഞാനിക്കൊരു വ്യത്യാസം വരണം ആ വ്യത്യാസം വരണമെങ്കിൽ തത്വജ്ഞാനി മറ്റുള്ള മനുഷ്യനെ പോലെ അല്ല വ്യവഹാരത്തിൽ പറഞ്ഞു അത് വേണം തത്വം രണ്ടാവുംരോക്ഷാനെ സംബന്ധിച്ച് ഭാഷകാലം പറയുന്നത് ശരിയാണ് കേട്ടോ മനനം ചെയ്തോ ഒക്കെ ആത്മാവിനെ കുറിച്ച് അറിഞ്ഞു പക്ഷെ സാക്ഷാത്കാരമില്ല സാക്ഷാത്കാരം വന്നാൽ കണിമാറും സാക്ഷാത്കാരം വന്നുകഴിഞ്ഞാൽ അധ്യാസം നശിക്കും അധ്യാസം നശിച്ചു കഴിഞ്ഞാൽ വ്യവഹാരവും നശിക്കും അങ്ങനെ രണ്ടു വഴിക്കാൻ പോകുന്നു എന്റെ വേക്കാൻ മനസിലായ ജ്ഞാനം വന്ന കളി മാറുന്നത് എന്റെ ജ്ഞാന പരോക്ഷജ്ഞാനാണ് പരോക്ഷം ഇത് വലിയ തർക്കമുള്ള വിഷയമാണ് ഇതെങ്ങനെയും വ്യാഖ്യാനിച്ചെന്ത് സമൃദ്ധിക്കും രണ്ടിനും വഴികടക്കുന്നു കാരണം ഭാഷകാരം എന്ത് പറഞ്ഞു വിത്പത്തി എന്നൊരു വാക്കേ വീഴ്ചയുള്ളൂ അവിടെ പരപക്ഷം ഞാനും അവരപക്ഷം ഞാനും വ്യത്യാസം പറഞ്ഞു രണ്ടു ഞാനത്തെ പറയാത്തോ അപ്പോ ഇപ്പോ ജ്ഞാനമുള്ളവർ അനുകൂല പ്രതികൂലങ്ങളിൽ പക്ഷിമൃഗാദികളെ പോലെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ജ്ഞാനമെന്നുള്ള എടുക്കുന്നവരാണെങ്കിൽ അപരോക്ഷ ജ്ഞാനത്തിൽ എന്ന് പറയുന്ന ഒരു ജ്ഞാനത്തിന്റെ ആവശ്യമില്ല ജ്ഞാനമുള്ളവർ ആരായനുസരിച്ചു എന്താണ് അവർക്ക് അത്യാസമുണ്ടാവും പിന്നെ അവര് പക്ഷി നിർവാഹികളെ പോലെ തന്നെ പ്രവർത്തിക്കുമെന്ന് പറയുമ്പോ അതില് എന്താണ് വരുന്ന ദോഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തത്വജ്ഞാനികളും സദാചാരങ്ങളെ ലംഘിച്ച് പ്രവർത്തിക്കും അവർക്ക് അനുകൂലവും തോന്നിടത്തൊക്കെ അവര് പോകും പ്രതികൂലവും തോന്നിടത്തും എല്ലാം പിന്മാറും അപ്പൊ അവരെന്തെയും സദാചാരത്തെ ലംഘിച്ചും അവർ പ്രവർത്തിക്കും അപ്പൊ തത്വജ്ഞാനം കൊണ്ട് എന്താകണം സാധാരണ മനുഷ്യനെ പോലെ തന്നെ അവർ പ്രവർത്തിക്കുന്നു അതാണ് അതിന് വരുന്നൊരു ദോഷം അപ്പോ തത്വജ്ഞാനം എന്ന് പറയുന്ന പക്ഷക്കാരാ പറയുന്നത് അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാവത്തില്ല കാരണം എന്തൊന്നും ഉണ്ടാവത്തില്ല ഒരു തത്വജ്ഞാനി ഇവിടെ സാക്ഷാത്കാരത്തിന്റെ കാര്യങ്ങൾ പറയുന്നത് അപരോക്ഷ സാക്ഷാത്കാരാണ് തത്വജ്ഞാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തത്വജ്ഞാനം എന്ന് പറയുന്ന സാക്ഷാത്കാരം തന്നെയാണ് അല്ലാതെ തത്വജ്ഞാനം പരോക്ഷം അപരോക്ഷം ഒന്നും രണ്ടില്ല തത്വജ്ഞാനം സാക്ഷാനി നിഷിദ്ധാചരണം നിഷിദ്ധമായത് ആചരിക്കുക അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് പോകത്തില്ല എന്തുകൊണ്ട് പോകുന്നില്ലെന്ന കാരണം ഈ തത്വജ്ഞാനത്തിൽ നിന്നും അയാൾ ഒരുപാട് സാധന ചതുഷ്ഠയ സമ്പത്തിക്ക് വേണ്ടി ഒരുപാടൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ അയാൾ ഉള്ളതൊക്കെ നല്ല ശീല സ്വഭാവങ്ങളാണ് അപ്പൊ അങ്ങനെ യോഗ്യതയുള്ളവനെ തത്വജ്ഞാനം ഉണ്ടാകും അപ്പോ അയാൾക്ക് എന്തറിയാം എന്താണ് വിധി എന്താണ് നിഷേധം അയാൾക്ക് തിരിച്ചറിയും അപ്പൊ നിഷിദ്ധമായതൊക്കെ അയാൾ ഒഴിവാക്കിയോണ്ട് അയാൾ നിഷിദ്ധ ആചാരമൊന്നും ചെയ്തില്ല സത്തായ മാത്രമേ അയാളുടെ ഭാഗത്തുനിന്നുണ്ടാവൂ നേരത്തെ മനസ്സിലാക്കിയാണ് ി ഈ പറയുന്നതനുസരിച്ചാണെങ്കിലും നിഷിദ്ധാചരണത്തിൽ ഒരിക്കലും പെടത്തില്ല പിന്നെന്താണ് പിന്നെ ഈ അനുകൂലത്തിൽ പ്രവർത്തിക്കും പ്രതികൂലത്തിൽ നിന്ന് പിന്മാറുമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് അയാൾക്ക് വിഹിതമായ കാര്യങ്ങൾ നേരത്തെ ഒഴിവാക്കി തത്വജ്ഞാനത്തിന് മുമ്പ് തന്നെ ഒഴിവാക്കിയാണ് തത്വജ്ഞാനത്തിന്റെ ആവശ്യമുണ്ട് അയാള് സാധന ചതുഷ്ട സമ്പന്നനായപ്പോ തന്നെ എന്തു ശുദ്ധാചരണത്തെ ഒഴിവാക്കി ഇനി അധികം പ്രവർത്തിക്കുന്ന പ്രശ്നമുണ്ട് പിന്നെ വിഹിതമായ കാര്യങ്ങളിൽ അയാടെന്ത് അതായത് ചെയ്യാവുന്ന കാര്യങ്ങളിൽ അനുകൂലമായി പ്രവർത്തിക്കുന്നു പ്രതികൂലമായാൽ പ്രവർത്തിക്കുന്നുണ്ട് ആക്ഷ്യന്മാര് അസ്വീകരിക്കാൻ വന്നതായിട്ട് സ്വീകരണമായിട്ട് ശത്രുക്കൾ കണ്ടാവും ഒഴിഞ്ഞു പോകും അത് നിഷിദ്ധാചരണത്തിന്റെ ഭാഗം വിഹിതാചരണത്തിന്റെ ഭാഗം തത്വജ്ഞാനം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഒരു അപരോക്ഷ സാക്ഷാത്കാരമെന്നു പറയേണ്ട കാര്യമില്ല എന്തുകൊണ്ട് തത്വജ്ഞാനത്തിന് പരോക്ഷ അപരോക്ഷം എന്നുള്ളൊരു വ്യത്യാസമുണ്ട് എല്ലാ തത്വജ്ഞാനവും എന്താണ് സാക്ഷാത്കാരം ഇപ്പൊ ശ്രവണമനങ്ങളിൽ നിന്നുണ്ടാകുന്നതോ പറയുന്നത് ശ്രവണത്തിൽ നിന്നുണ്ടാകുന്നതന്നെ സാക്ഷാത്കാരമാണ് അതിന് സമാധിയുടെ ആവശ്യം അത് ശ്രവണത്തിൽ നിന്ന് തന്നെ എന്തുണ്ടാവുന്നു സാക്ഷാത്കാരമുള്ള ജ്ഞാനം ഉണ്ടാവും പരോക്ഷമായ ജ്ഞാനം അല്ല ശ്രവണത്തിൽ നിന്നുണ്ടാകുന്നത് അപരോക്ഷമായാണ് മന്നണത്തിൽ അതിന്റെ ദോഷങ്ങളൊക്കെ മാറ്റുകയാണ് അപ്പൊ ശ്രവണത്തിൽ നിന്ന് അപരോക്ഷ ജ്ഞാനം ഉണ്ടാകുന്നു എന്ന് പറയുന്നവർക്ക് ശ്രവണത്തിൽ നിന്നുണ്ടായ ഏതും ജ്ഞാനമാണോ ആ ജ്ഞാനം കൊണ്ട് തന്നെ അയാള് എന്താണ് മരണം വരെ ജീവിക്കുന്നു അപ്പോ അയാളിനെന്താണ് അധ്യാസമുണ്ടോ എന്നുള്ള ചോദ്യം വരും അപ്പോ അധ്യാസം എന്ന് പറയുന്നത് ുണ്ട് വ്യവഹാരമുണ്ട് അതൊക്കെ എങ്ങനെയുണ്ട് അധ്യാസവും വ്യവഹാരമില്ല പ്രാരബ്ദരൂപത്തിലുണ്ട് ജ്ഞാനം കൊണ്ട് അയാളുടെ എന്താണ് അജ്ഞാനം നശിച്ചെങ്കിലും ബാക്കി പ്രാരബ്ദ സംസ്കാരമുണ്ടല്ലോ അതുകൊണ്ട് എല്ലാം തുടർന്നു പോകും പക്ഷെ അയാളുടെ നിഷിദ്ധായും അറിയില്ല അത് നേരത്തെ വിഹിത ആയരണമെന്ന് പറയുന്നത് അയാളുണ്ട് അവിടെയാണ് ഞാനങ്ങനെ പ്രതിജ്ഞാനെന്ന് പറയുന്നത് ശ്രവണത്തിൽ നിന്നുണ്ടാവുന്നതാണ് അത് പരോക്ഷ അപരോഷം എന്നുള്ള വ്യത്യാസം എല്ലാം ഞാനും അപരോഷം തന്നെ അതുകൊണ്ട് ഭാഷകാരൻ ആ പക്ഷമെന്ന് പറഞ്ഞിരിക്കുന്നു കാരണം ഭാഷകാരൻ പിൽപ്പണ്ണനെ പറഞ്ഞിട്ടുള്ളൂ ജ്ഞാനീനെ പറഞ്ഞിട്ടുള്ളൂ പരോക്ഷാപരോഷമെന്നുള്ള വ്യത്യാസം പറഞ്ഞിട്ടില്ല ഇതൊരുപക്ഷം അപരോക്ഷം ഞാനെന്ന് പറയുന്ന പറയുന്നത് എന്താണ് ശ്രോണത്തിൽ നിന്നുണ്ടാവുന്ന പരോക്ഷമായ ഞാനാണ് അപരോക്ഷം ഞാനുണ്ടാവണമെങ്കിൽ എന്ത് വേണം സമാധി വേണം സമാധിയിലെന്നുണ്ടാവും അപരോക്ഷം ഞാനാ സമാധിയിലപരോക്ഷം ഞാനുണ്ടാകുമ്പോൾ ഞാനു നശിക്കുന്നു അവിടെ വ്യവഹാരമില്ല എന്നുണ്ടായാലും സമാധി സമാധിയിരിക്കുന്ന എന്തെങ്കിലും വ്യവഹാരം സമാധിയിരിക്കുന്ന ആളാണ് അധ്യാസമില്ല വ്യവഹാരമില്ല സുഷുതി പോലെ സുഷുതിൽ അധ്യാസമില്ല വ്യവഹാരമില്ല സമാധി അപ്പോ ശ്രവണ മനനം കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു ഒരാൾ കരോക്ഷമായ സാക്ഷാത്കാര സമാധിയിലുണ്ടാകുമ്പോ ആ അവസ്ഥയിലൊരാളിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ൻ എന്ന് പറയുന്നത് അവിടെ എന്താണ് വ്യവഹാരമില്ല പിന്നെ ആ സമാധിയിൽ നിന്ന് ഉണർന്നു വരുമ്പോൾ അയാൾക്ക് അധ്യാസവും വരും വ്യവഹാരം വരും പ്രാരബ്ധവും കൊണ്ട് അതാണ് ഇവിടെ പറയുന്ന അനുകൂലമാണെങ്കിൽ അങ്ങോട്ട് പ്രവർത്തിക്കും പ്രതികൂലമാണെങ്കിൽ പ്രവർത്തിക്കത്തില്ല എന്ന് പറയുന്നു സമാധിക്കും മുമ്പും ശേഷവും അനുകൂല പ്രതികൂലങ്ങൾക്ക് വിഹിതമായ കാര്യങ്ങൾ അയാൾ പ്രവർത്തിക്കുക അവിടെ നിഷിദ്ധത്തിൽ പ്രവർത്തിക്കുക കാരണം അതല്ല അയാൾ സാധനചഷ്ട സമ്പത്തി നേടിയപ്പോൾ തന്നെ നിഷിദ്ധമല്ല ഉപേക്ഷിച്ചതാണ് അപ്പം അതിന്റെ വരുന്നില്ല പിന്നെ വിഹിതമായ കർമ്മങ്ങളിൽ അനുകൂലം പ്രകൃതികൂലമൊക്കെ ഇവിടെ സമാധിക്കും മുമ്പും സമാധിക്ക് ശേഷം ആ സമയത്തുള്ള കാര്യം ഇവിടെ പറയുന്നില്ല ഇവിടെ പറയുന്നത് അനുകൂലത്തിൽ പ്രവർത്തിക്കുന്നതും പ്രതികൂലത്തിൽ പിന്തിരിയുന്നു അതുകൊണ്ട് ഭാഷകാലം ഈ പറഞ്ഞിരിക്കുന്നത് സമാധിയിലെ അപരോക്ഷ സാക്ഷാത്കാരത്തിന് മുമ്പും ആ സാക്ഷാത്കാരത്തിൽ നിന്ന് വിധാനം ഉണർന്നു വരുന്ന സമയത്തും ഉള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ഒരുപക്ഷം പറയുന്നത് അവർക്ക് സാക്ഷാത്കാരം എന്ന് പറയുന്ന സമാധിയിലേ സംഭവിക്കൂ അല്ലാ സാക്ഷാത്കാരം സംഭവിക്കില്ല അല്ലാ സാക്ഷാത്കാരം എന്ന് പറയുന്ന ഒന്നും സംഭവിക്കില്ല സമാധിയിലെ സംഭവിച്ചു വന്നുകൊണ്ട് ദേഹാത്മബുദ്ധി അപരോക്ഷമാണ് പ്രത്യക്ഷമാണ് ഇത് മാറണമെങ്കിൽ എന്തുവേണം അപരോക്ഷമായ സാക്ഷാത്കാരം വേണം അതെവിടെ സംഭവിച്ചു അതുകൊണ്ടാണ് അവിടെ അത്യാസവും വ്യവഹാരം ഇല്ലാത്തവിടെ അവിടെ ദേഹാത്മബുദ്ധി നശിച്ചു അജ്ഞാനം നശിച്ചു എല്ലാം പോയി അവിടെ വ്യവഹാരമില്ല അപ്പൊ വ്യവഹാരം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധിക്ക് മുമ്പും ശാസ്ത്രം വിള വ്യവഹാരങ്ങളും അതിനനുകൂലം പ്രതികൂലവും കാണും നിഷിദ്ധമായ പ്രവൃത്തിയൊന്നും ഉണ്ടാകത്തില്ല രണ്ടു കൂട്ടരും പറയുന്നത് സമാധി അംഗീകരിക്കുന്നവരും സമാധി അംഗീകരിക്കാത്തവരും പറയുന്നത് എന്താണ് തത്വജ്ഞാനിക്ക് നിഷിദ്ധമായ ആചരണം ഉണ്ടാകത്തില്ല അതൊക്കെയാണ് നേരത്തെ തന്നെ കളഞ്ഞ വിഹിതമായ കാര്യങ്ങളിൽ ശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ള വിഹിതമായ കാര്യങ്ങളിൽ അവരെ അനുകൂലത്തിൽ പ്രവർത്തിക്കുകയും പ്രതികൂലത്തിൽ നിന്നും പിന്മാറുകയും ചെയ്യും എന്നുവെച്ചിപ്പോൾ ഭക്ഷണം കഴിക്കുന്നു അന്നപാനാദികൾ കഴിക്കുന്നു അത് വിഹിതമാണ് എന്നുവെച്ചാൽ അത് അനുവദനീയമാണ് അതിൽ പ്രവർത്തിക്കുന്നു മദ്യപാണ് അത് ചെയ്യുന്നില്ല പ്രതികൂലമാണ് നിഷിദ്ധമാണ് അങ്ങനെയുള്ളതിൽ പ്രവർത്തിക്കുന്നില്ല അതുപോലെ തന്നെയാണ് സമാധിക്ക് മുമ്പായാലും സമാധിക്ക് ശേഷമായാലും ഒരാൾ കൊല്ലാൻ വരുന്നു അവിടെ നിന്ന് മാറിപ്പോകുന്നു ഒരാൾ പൂജിക്കാൻ വരുന്നു അവിടെ നിന്നു കൊടുക്കുന്നു ഇപ്പോ അപരോക്ഷ സാക്ഷാത്കാര ഈ തുല്യം തന്നെ അല്ല സാക്ഷാത്കാരമെന്ന് പറയുന്ന ശ്രവണത്തിൽ എന്ന് പറയുന്നവർക്ക് ഇതൊക്കെ തുല്യം തന്നെ നിഷിദ്ധാചരണത്തിന്റെ കാര്യത്തിലും രണ്ടു കൂട്ടിലും തുല്യ അഭിപ്രായം തന്നെ അതില്ല എന്നുള്ള അഭിപ്രായമാണ് പിന്നെ ഒരേ ഒരു വ്യത്യാസം വരുന്നത് എന്താണ് ഈ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ശ്രവണത്തിൽ നിന്നുണ്ടാകുന്നു അതോ സമാധിയിലുണ്ടാവുന്നു ഇവിടെയാണ് വ്യത്യാസം ശ്രവണത്തിൽ നിന്ന് സാക്ഷാത്കാരം എന്ന് പറയുന്നുണ്ടാകുന്നു എന്ന് പറയുന്നത് പറയുന്നിടത്ത് പിന്നെ സമാധിയുടെ ആവശ്യമില്ല ഇതാണ് അതിന്റെ വ്യത്യാസം ശ്രോണത്തിൽ നിന്ന് സാക്ഷാത്കാരം ഉണ്ടാകും എന്ന് പറയുന്നവര് പിന്നെന്തിനാ മനനം അപ്പ പറയുന്നു ശ്രോണത്തിൽ നിന്ന് സാക്ഷാത്കാരം ഉണ്ടാകുന്നു അജ്ഞാന സംശയം വലിയ ദോഷങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം മനനം കൊണ്ടത് മാറ്റണം സാക്ഷാത്കാര ശ്രവണത്തിൽ തന്നെ ഉണ്ടാകും എന്നറിയും അപ്പോ എന്താണിപ്പോ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ചോദം ഞാൻ ബ്രഹ്മമാണെന്നുള്ള അറിവ് ഇത് തന്നെ സാക്ഷാത്കാരം അത് എങ്ങനെയുള്ള അറിവ് അജ്ഞാന സംശയ വിനിയാത്ത അറിവ് അതാണ് സാക്ഷാത്കാരത്തെ കുറിച്ച് പറയുന്നത് അപ്പൊ അതിന്റെ വെളിച്ചത്തിലാണ് ഇതിനെ തുടർന്നുള്ള മുമ്പോട്ടുള്ള ദീർഘമായ പല പല പ്രഖ്യാതാക്കളെയും അദ്വൈതത്തിന്റെയൊക്കെ പോക്ക് ഇവിടെ വെച്ച രണ്ടായിട്ട് പിരി പശുപാതി വിശ്വ വിശേഷം ഓർണമ പൂർണ്ണമൂർ പൂർണ്ണമേവാ